നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹുസുബാനഹുവലായുടെയും അവൻറെ ദൂതന്റെയും ഭാഗത്തു നിന്നുള്ള യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുക എന്നാൽ നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുതലിന് നിങ്ങൾ അവകാശികളാണ് നിങ്ങൾ ആരെയും അക്രമിക്കരുത് നിങ്ങളും അക്രമിക്കപ്പെടുകയുമില്ല